അദ്ദേഹം പറഞ്ഞു അവിടെ ലൂത് അലേഹിസ്ലാം ഉണ്ടല്ലോ അവർ പറഞ്ഞു അവിടെ ആരൊക്കെയുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം അദ്ദേഹത്തെയും കുടുംബത്തെയും ഞങ്ങൾ തീർച്ചയായും രക്ഷിക്കും എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യയൊഴികെ അവശേഷിക്കുന്നവരിൽ അവളുമുൾപ്പെടും